ം പതിമൂന്ന് യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത് ഒരു മനുഷ്യന്റെ തൊക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോന്റെ അടുക്കലോ പുരോഹിതന്മാരായ അവന്റെ പുത്രന്മാരിൽ ഒരുത്തന്റെ അടുക്കലോ കൊണ്ടുവരേണം പുരോഹിതൻ ത്വക്കിന്മേലുള്ള വടു നോക്കേണം വടുവിനകത്തുള്ള രോമം വെളുത്തതും വടു ത്വക്കിനേക്കാൾ കുഴിഞ്ഞതുമായി കണ്ടാൽ അത് കുഷ്ഠലക്ഷണം പുരോഹിതൻ അവനെ നോക്കി അശുധനെന്ന് വിധിക്കണം അവന്റെ തൊക്കിന്മേൽ പുള്ളി വെളുത്തതും ത്വക്കിനേക്കാളും കുഴിഞ്ഞിരിക്കാത്തതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതൻ ആ ലക്ഷണമുള്ളവനെ ദിവസം പുരോഹിതനവനെ നോക്കേണം വടു തൊക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നുവെങ്കിൽ പുരോഹിതൻ രണ്ടാം പ്രാവശ്യം അവനെ ദിവസത്തേക്ക് അകത്താക്കി അടക്കണം ഏഴാം ദിവസം പുരോഹിതനവനെ വീണ്ടും നോക്കണം വടു മങ്ങിയതായും ത്വക്കിന്മേൽ പരക്കാതെയും കണ്ടാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് ചുണങ്ങത്രെ അവൻ വസ്ത്രമലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം അവൻ ശുദ്ധീകരണത്തിനായി തന്നെത്താൻ പുരോഹിതനെ കാണിച്ച ശേഷം ചുണങ്ങ് ത്വക്കിന്മേൽ അധികമായി പരന്നാൽ അവൻ പിന്നെയും തന്നെത്താൻ പുരോഹിതനെ കാണിക്കണം ചുണങ്ങ് ത്വക്കിന്മേൽ പരക്കുന്നു എന്ന് പുരോഹിതൻ കണ്ടാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ഠം തന്നെ കുഷ്ഠത്തിന്റെ ലക്ഷണം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം പുരോഹിതനവനെ നോക്കേണം ത്വക്കിന്മേൽ വെളുത്ത തിണർപ്പുണ്ടായിരിക്കുകയും അതിലെ രോമം വെളുത്തിരിക്കുകയും തിണർപ്പിൽ പച്ച മാംസത്തിന്റെ ലക്ഷണമുണ്ടായിരിക്കുകയും ചെയ്താൽ അത് അവന്റെ തൊക്കിൽ പഴകിയ കുഷ്ഠം ആകുന്നു പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അവൻ അശുദ്ധനാകെ അവനെ അകത്താക്കി അടയ്ക്കരുത് കുഷ്ഠം ത്വക്കിലധികമായി പരന്ന് രോഗിയുടെ തലതൊട്ട് കാൽവരെ പുരോഹിതൻ കാണുന്നൊക്കെയും വടു ത്വക്കിൽ ആസകലം മൂടിയിരിക്കുന്നു പുരോഹിതൻ നോക്കേണം കുഷ്ഠം അവന്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടു ഉള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ആസകലം വെള്ളയായി തീർന്നു അവൻ ശുദ്ധിയുള്ളവൻ ആകുന്നു എന്നാൽ പച്ചമാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധൻ പുരോഹിതൻ പച്ചമാംസം നോക്കി അവനെ അശുദ്ധൻ എന്ന് വിധിക്കണം പച്ചമാംസം അശുദ്ധം അത് കുഷ്ഠം തന്നെ എന്നാൽ പച്ചമാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വരേണം പുരോഹിതൻ അവനെ നോക്കേണം വടു വെള്ളയായി തീർന്നുവെങ്കിൽ പുരോഹിതൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ ശുദ്ധിയുള്ളവൻ തൻ ദേഹത്തിന്റെ തൊക്കിൽ പരുവുണ്ടായിരുന്നിട്ട് സൗഖ്യമായ ശേഷം പരുവിന്റെ സ്ഥലത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോടു കൂടിയ വെളുത്ത പുള്ളിയോ അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ അത് നോക്കേണം അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠരോഗം എന്നാൽ പുരോഹിതനത് നോക്കി അതിൽ വെളുത്ത രോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതനവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം അത് ത്വക്കിന്മേൽ അധികം പരന്നാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ടലക്ഷണം തന്നെ എന്നാൽ വെളുത്ത പുള്ളി പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിന്നു എങ്കിൽ അത് പരുവിന്റെ വട അത്ര പുരോഹിതനവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അല്ലെങ്കിൽ ദേഹത്തിന്റെ തൊക്കിൽ തീപ്പൊള്ളലുണ്ടായി പൊള്ളലിന്റെ വടു ചുവപ്പോ കൂടി വെളുത്തോ വെളുത്തു തന്നെയോ ഇരിക്കുന്ന പുള്ളിയായി തീർന്നാൽ പുരോഹിതനത് നോക്കേണം പുള്ളിയിലെ രോമം വെള്ളയായി തീർന്ന് ത്വക്കിനേക്കാൾ കുഴിഞ്ഞു കണ്ടാൽ പൊള്ളലിലുണ്ടായ കുഷ്ഠം ആകയാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുരോഹിതനത് നോക്കിയിട്ട് പുള്ളിയിൽ വെളുത്ത രോമമില്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം കണ്ടാൽ പുരോഹിതനവനെ ഏഴു ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതനവനെ നോക്കേണം അത് തൊക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് കുഷ്ഠലക്ഷണം തന്നെ എന്നാൽ പുള്ളി തൊക്കിൻമേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ ആകുന്നു പുരോഹിതനവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അത് തീപ്പൊള്ളലിന്റെ തിണർപ്പത്ര ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീക്കെങ്കിലും തലയിലോ താടിയിലോ ഒരു വടുവുണ്ടായാൽ പുരോഹിതൻ വടുവ് നോക്കേണം അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞും അതിൽ പൊൻനിറമായ നേർമയുള്ള രോമമുള്ളതായും കണ്ടാൽ പുരോഹിതനവനെ അശുദ്ധനെന്ന് വിധിക്കണം അത് പുറ്റാകുന്നു തലയിലോ താടിയിലോ ഉള്ള കുഷ്ടം തന്നെ പുരോഹിതൻ പുറ്റിന്റെ വടുവിനെ നോക്കുമ്പോൾ അത് തുക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമമില്ലാതെയും കണ്ടാൽ പുരോഹിതൻ ചുറ്റുവടുവുള്ളവനെ ഏഴു ദിവസത്തേക്കകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ വടുവിനെ നോക്കണം പുറ്റ് പരക്കാതെയും അതിൽ പൊൻ രോമമില്ലാതെയും പുറ്റിന്റെ കാഴ്ച ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ അവൻ ക്ഷൌരം ചെയ്യിക്കേണം എന്നാൽ പുറ്റിൽ ക്ഷൗരം ചെയ്യരുത് പുരോഹിതൻ പുറ്റുള്ളവനെ പിന്നെയും ഏഴ് ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം ഏഴാം ദിവസം പുരോഹിതൻ പുറ്റ് നോക്കണം പുറ്റ് ത്വക്കിന്മേൽ പരക്കാതെയും കാഴ്ചയ്ക്ക് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതനവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം അവൻ വസ്ത്രമലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം എന്നാൽ അവന്റെ ശുദ്ധീകരണത്തിന്റെ ശേഷം പുറ്റ് ത്വക്കിന്മേൽ പരന്നാൽ പുരോഹിതനവനെ നോക്കേണം പുറ്റ് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ പൊൻ നിറമുള്ള രോമം അന്വേഷിക്കേണ്ട അവൻ അശുദ്ധൻ തന്നെ എന്നാൽ പുറ്റ് കണ്ട നിലയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം മുളച്ചതായും കണ്ടാൽ പുറ്റ് സൌഖ്യമായി അവൻ ശുദ്ധിയുള്ളവൻ പുരോഹിതനവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിന്റെ തൊക്കിൽ വെളുത്തപ്പുള്ളി ഉണ്ടായാൽ പുരോഹിതൻ നോക്കണം ദേഹത്തിന്റെ തൊക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി അത് തൊക്കിൽ ഉണ്ടാകുന്ന ചുണങ്ങ് അവൻ ശുദ്ധിയുള്ളവൻ തലമുടി കൊഴിഞ്ഞവനോ കഷണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻകഷണ്ടിക്കാരൻ അവൻ ശുദ്ധിയുള്ളവൻ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ചുവപ്പോ കൂടിയ വെള്ളപ്പുള്ളിയുണ്ടായാൽ അത് അവന്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ഉത്ഭവിക്കുന്ന കുഷ്ഠം പുരോഹിതൻ അത് നോക്കേണം അവന്റെ പിൻകഷണ്ടിയിലോ മുൻകശണ്ടിയിലോ തൊക്കിൽ കുഷ്ഠത്തിന്റെ കാഴ്ചപ്പോലെ വടുവിന്റെ തിണർപ്പ് ചുവപ്പോടുകൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗി അവൻ അശുധൻ തന്നെ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് തീർത്ത് വിധിക്കണം അവന് തലയിൽ കുഷ്ഠരോഗം ഉണ്ട് വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം അവന്റെ തല മൂടാതിരിക്കേണം അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശ്വധൻ അശ്വധൻ എന്ന് വിളിച്ചു വേണം അവന് രോഗമുള്ള നാൾ ഒക്കെയും അവൻ അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധൻ തന്നെ അവൻ തനിച്ച് പാർക്കേണം അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ആയ ഏതു വസ്ത്രത്തിലെങ്കിലും ചണം കൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിൽ എങ്കിലും ഊടയിലെങ്കിലും തോലിലെങ്കിലും തോൽകൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിന്റെ വടുവുണ്ടായി വസ്ത്രത്തിലെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽകൊണ്ടുള്ള യാതൊരു സാധനത്തിലെങ്കിലും വടു ഇളം പച്ചയോ ഇളം ചുവപ്പോ ആയിരുന്നാൽ അത് കുഷ്ടലക്ഷണം അകുന്നു അത് പുരോഹിതനെ കാണിക്കണം പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിനെ ഏഴു ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം അവനേഴാം ദിവസം വടുവിനെ നോക്കണം വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൽ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ടം അത് അശുദ്ധമാകുന്നു വടുവുള്ള സാധനം ആട്ടിൻ രൂമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽകൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ടുകളയണം അത് കഠിന കുഷ്ഠം അത് തീയിലിട്ട് ചുട്ടുകളയണം എന്നാൽ പുരോഹിതൻ നോക്കണം വടു വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽകൊണ്ടുള്ള യാതൊരു സാധനത്തിലോ പരന്നിട്ടില്ല എങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം അത് പിന്നെയും ഏഴു ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം കഴുകിയ ശേഷം പുരോഹിതൻ വടു നോക്കേണം വടു നിറം മാറാതെയും പരക്കാതെയും ഇരുന്നാൽ അത് അശുദ്ധമാകുന്നു അത് തീയിലിട്ട് ചുട്ടുകളയണം അത് അതിന്റെ അകത്തോ പുറത്തോ തിന്നെടുക്കുന്ന വ്രണം പിന്നെ പുരോഹിതൻ നോക്കേണം കഴുകിയ ശേഷം വടുവിന്റെ നിറം മങ്ങിയെങ്കിൽ അവനതിനെ വസ്ത്രത്തിൽ നിന്നോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയാണ് അത് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽകൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നുവെങ്കിൽ അത് പടരുന്നതാകുന്നു വടുവുള്ളത് തീയിലിട്ട് ചുട്ടുകളയാണ് എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽക്കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടു അവയിൽ നിന്ന് നീങ്ങിപ്പോയി എങ്കിൽ അതിനെ രണ്ടാം പ്രാവിശ്യം കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽക്കൊണ്ടുള്ള യാതൊന്നിലെങ്കിലും ഉള്ള കുഷ്ഠത്തിന്റെ വടുവിനെക്കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിപ്പാനുള്ള പ്രമാണം ഇതുതന്നെ